ദൈവനാമത്തിൻ്റെ മഹത്വം നമുക്ക് ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ഇന്നൊരു ഞായറാഴ്ചയാണ് മാർച്ച് മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസവുമാണ് ഇന്ന് നമ്മളൊന്നിച്ച് ദൈവസന്നിധിയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മൾ അടുത്ത ദിവസം ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ഭാഗം വായിക്കുകയും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതെങ്ങനെ പ്രായോഗ്യമാകുന്നു എന്നുള്ള കാര്യം പ്രാരംഭമായിട്ട് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ഒരു ചെറിയ സംഭവമാണ് അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളാണ് യേശു ദേവാലയത്തിൽ ചെന്നു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് പതിനേഴ് വചനങ്ങൾ യേശു ദേവാലയത്തിൽ ചെന്നു ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞു അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നാൽ വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്നാ പറഞ്ഞു കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു അവൻ അവരെ സൗഖ്യമാക്കി എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീത് പുത്ര ഹോസന്ന എന്ന് ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു യേശു അവരോട് ഉവ്വ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവരെ വിട്ട നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ ബന്ധത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് യേശുവിനെ ക്രൂശിച്ചത് എന്തിനാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് യേശുവിനെ ക്രൂശിച്ചത് അന്ന് നിലവിലുള്ള അവരുടെ ഉപദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില ഉപദേശങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത് എന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ യഹൂദൻ വളരെ വ്യക്തതയോടെ പാലിച്ചു പോരുന്ന ശുദ്ധാശുദ്ധങ്ങളൊന്നും അങ്ങനെ ജീവിതത്തിൽ അതിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ യേശു ജീവിച്ചതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത് എന്നാണോ നമ്മൾ കരുതിയിരിക്കുന്നത് അതോ ഒരു മറ്റ് ജാതികളായ പലരെയൊക്കെ യേശു സൗഖ്യമാക്കുകയും അവർക്കൂടെ അംഗീകാരം നൽകുകയും അങ്ങനെ സമൂഹത്തിൻ്റെ നിലവിലിരുന്ന ക്രമത്തെ ഒരു വ്യവസ്ഥയെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണോ യേശുവിനെ ക്രൂശിച്ചത് നമ്മളങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ കാര്യങ്ങളെ വളരെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്നത്തെ മതമേധാവികളുടെ പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ മതത്തിൻ്റെ പേരിലുള്ള ആ നിലയിലുള്ള അവരുടെ മുതലെടുപ്പിനെ അതിനെ തുറന്ന് കാട്ടുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ യേശുവിനെ അവർ ക്രൂശിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അവരുടെ നിലനിൽപ്പിന് തന്നെ യേശുവിനെ ഇങ്ങനെ വിട്ടാൽ അതൊരു ഭീഷണിയായി തീരും എന്നവർക്ക് മനസ്സിലായി ഉദാഹരണത്തിന് ഈ രംഗം നോക്കുക ഇവിടെ ഇപ്പം നമ്മൾ വായിച്ച രംഗം യഹൂദൻ അവൻ്റെ ഏറ്റവും ഏറ്റവും വലിയ കാര്യമായി കാണുന്ന ദേവാലയത്തിൽ യേശു ചെന്നു നസ്രത്തുകാരനായ യേശു എരിശിലേമിലെ യഹൂദൻ്റെ ദേവാലയത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ചില ക്രമങ്ങളെല്ലാം ഉണ്ട് അവിടെ ചില രീതികളും ചിട്ടവട്ടങ്ങളുമെല്ലാം ഉണ്ട് അവിടെ എന്താ ചെയ്തിരിക്കുന്നത് ദേവാലയമെന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ ഇവിടെ ഇതാ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു വാണിഭശാലയാക്കിയതുപോലെ കാര്യങ്ങളായിത്തീർന്നു അവിടെ എന്തുണ്ട് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയും പൊൻവാണിഭക്കാരും പ്രാവുകളെ വിൽക്കുന്നവരും എല്ലാം അവിടെ അങ്ങ് അതിൻ്റെ പ്രാകാരമൊക്കെ അങ്ങ് കൈയടക്കിയിരിക്കുക ഇതെല്ലാം കണ്ടപ്പോൾ യേശു എന്ത് ചെയ്തു യേശു ഇവരെ എല്ലാം പുറത്താക്കി ഒരു ചമ്മട്ടി ഉണ്ടാക്കി പുറത്താക്കിയെന്നാണ് നമ്മൾ മറ്റൊരു സുവിശേഷത്തിൽ വായിക്കുന്നത് ഏതായാലും യേശു ഇവരെയൊക്കെ പുറത്താക്കി ഈ പീഠങ്ങളെയൊക്കെ മറിച്ച് കളഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശു വളരെ കർശനമായിട്ട് പറയുന്നു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്നാണ് ബൈബിളിൽ കാണുന്നത് ബൈബിളിൽ എവിടെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ യേശിയാവിൻ്റെ പുസ്തകം അൻപത്തി ആറാമത്തെ അധ്യായത്തിലാണ് നമ്മൾ അങ്ങനെ കാണുന്നത് യേശു ആ ഒരു ഭാഗമാണ് എടുത്ത് ഉദ്ധരിക്കുന്നത് അൻപത്തി ആറാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും അൻപത്തി ആറാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം യേശു ഈ വാക്യം ഉദ്ധരിച്ചു എന്നിട്ട് പറഞ്ഞു ദൈവം ആഗ്രഹിക്കുന്നത് എന്താ ഈ ദേവാലയം ഒരു പ്രാർത്ഥനാലയമായിട്ടിരിക്കണമെന്ന് എന്നാൽ നിങ്ങളെന്തോ ചെയ്തിരിക്കുന്നു നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കും നോക്കിയാൽ പറയാവുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും വളരെ കർശനമായ ഒരു പ്രയോഗമല്ലേ അത് ഇത് ആരുടെ മുഖത്ത് നോക്കിയാണ് ഈ പറയുന്നത് അന്നത്തെ മുഹാപുരോഹിതൻ ശാസ്ത്രി ഈ പുരോഹിതൻ ഇങ്ങനെയുള്ള ഒരു വലിയ വൃന്ദത്തിൻ്റെ മുഖത്ത് നോക്കി അവരുടെ നേരെ വിരൽ ചൂണ്ടി പറയുക നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ സത്യത്തിൽ ഇത് പറയാൻ ഇവനെന്താ യോഗ്യത ഇവനാരാ ഇത് വന്ന് ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങളിതൊക്കെ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്ത് ഈ മതത്തിൻ്റെ പേരിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോകുന്ന ആളുകളാണ് ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാൻ ഇതാ ഗലീല എന്ന് പറഞ്ഞ ആ പ്രോവിൻസിൽ നിന്ന് നസറത്തിലെങ്ങാണ്ടുള്ള ഒരു അത് ഒരു തച്ചപ്പണിക്കാരൻ അവൻ ഇവിടെ വന്ന് ഇവിടെ എന്താ ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാൻ എന്നവരോർത്ത് പോയി കാണുകയില്ലേ തീർച്ചയായിട്ടും അത് സംഭവിച്ചു എന്ന് തന്നല്ല അവരുടെ സാമ്പത്തികമായ ഒത്തിരി താല്പര്യങ്ങളെ യേശു തകിടം മറിക്കുക ചെയ്തു അന്നത്തെ അന്നാവ് കയ്യഫാവ് എന്ന് പറയുന്ന രണ്ട് മഹാപുരോഹിതന്മാർ ഒരേ സമയത്ത് അന്നാവായിരുന്നു ആ മൂത്ത ആള് ക്ഷമിക്കണം അന്നാവും കയ്യപ്പാവും ഇവർ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഒരേ സമയത്ത് മഹാപുരോഹിതന്മാരായിട്ട് ഇരിക്കാനായിട്ട് പാടില്ല വ്യവസ്ഥയനുസരിച്ച് പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരാൾ അമ്മായിയ്യപ്പനും മറ്റേ ആൾ മരുമകനുമാണെന്നാണ് ചരിത്രം പറയുന്നത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇതൊരു കൂട്ടുകെട്ടാക്കി മാറ്റി രണ്ടുപേരും കൂടി ഇതിനെ ഫലത്തിൽ നിയന്ത്രിച്ച് തങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുനടക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ പലപ്പോഴും മതത്തിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ അവരിൽ നിന്ന് ആത്മീയതയും ഒക്കെയല്ലേ പ്രതീക്ഷിക്കുക പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അവിടെ ദൈവത്തിൻ്റെ പേരിൽ ആ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ പലയിടത്തും കച്ചവടങ്ങളും മറ്റു പല കാര്യങ്ങളുമായിരിക്കും ഇവിടെ ഈ അന്നാവും കയ്യപ്പാവും കൂടെ ചേർന്ന് അവരെന്തു അവരിതിനെ ഒരു കച്ചവടശാല ആക്കി മാറ്റുക ചെയ്യുന്നത് അവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരും വരുന്ന ഉടനെ അവർക്ക് യാഗം കഴിക്കണം യാഗം കഴിക്കാനായിട്ടുള്ള ആടുമാടുകളെ ഇവർ തന്നെ അവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു അവരുടെ തന്നെ സിൽബന്തികളെ കൊണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു വെളിയിൽ ആടുകളെയോ കാളകളെയോ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അവർ സമ്മതിക്കുകയില്ല അതിനെന്തെങ്കിലും ന്യൂനത പറയും കാര്യം അവരാണ് പുരോഹിതന്മാർ അവരാണ് യാഗം കഴിക്കേണ്ട മൃഗത്തിന് വല്ല ഊനമുണ്ടോ എന്ന് പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യേണ്ട ആളുകൾ അവർ അവരുടെ ശിങ്കിളികൾ ശിങ്കിടികളെ കൊണ്ട് വിൽപ്പനയ്ക്കായിട്ട് നിർത്തിയിരിക്കുന്ന കാളകളും ആടുകളും അതിനെ വാങ്ങിയില്ലെങ്കിൽ ഒരു പക്ഷേ മറ്റ് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മൃഗങ്ങളെ അവർ മടക്കി അയക്കും എന്ന് തന്നെയല്ല ഗലീല പോലൊക്കെയുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആണ്ടിലൊരിക്കൽ യാഗം കഴിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഒരു മൃഗത്തെ അടിച്ചുകൊണ്ട് വരുന്നതൊന്നും പ്രായോഗികമല്ല ഇവിടെ വന്ന് ഇവിടുന്ന് ഒരെണ്ണത്തെ വാങ്ങി അവിടെ തന്നെ യാൻ കഴിക്കാൻ അവസരം കിട്ടുമെങ്കിൽ അവരത് നോക്കും അപ്പം ഈ ഒരു സാധ്യത മുതലെടുത്തോണ്ട് അവിടുത്തെ പുരോഹിതന്മാരെന്തു ചെയ്തു അവിടുത്തെ ഒരു ആ സ്ഥലത്ത് പല തരത്തിലുള്ള വിൽപ്പനകൾ നടക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രാവുകളെ വിൽക്കുന്നു നമുക്കറിയാമല്ലോ ഓരോരുത്തരും അവനവൻ്റെ അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് യാഗം കഴിക്കാൻ പഴയ നിയമം അനുവദിക്കുന്നുണ്ട് ഒരു തനെ കാളയോ ആടിനെയോ വാങ്ങി യാഗം കഴിക്കാൻ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാൽ ഒരു പക്ഷിയെ ഒരു കുറുപ്രാവിനെ വാങ്ങി യാഗം കഴിക്കാനാണ് ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയെങ്കിൽ അയാൾക്കത് ചെയ്യാം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ യേശുവിനെയും കൊണ്ട് ഇവരെ മറിയുമൊക്കെ കൂടെ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരെന്താ ചെയ്തത് അവരെ ഒരു കുർപ്രാവിനെയാണ് അല്ലെങ്കിൽ ഒരു പക്ഷിയെയാണ് ഈ യാഗം കഴിച്ചത് അതുതന്നെ ആ നസ്രത്തിലെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരൽ ചൂണ്ടുന്നു അവർക്കൊരു മൃഗത്തെ വാങ്ങി ഈ യാഗം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രാവുകളുണ്ട് ഇതെല്ലാം അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഈ പ്രാവുകളെ കർത്താവ് എന്ത് ചെയ്തു അതിനെ തുറന്നു വിട്ടു കാണും പൊൻവാണിഭക്കാരുണ്ട് അതെന്താ പൊൻവാണിഭം അവിടെ ഈ ദേവാലയത്തിൽ ആർക്കെങ്കിലും നേർച്ച അവിടുത്തെ നാണയം ത തന്നെ ഇടണം അവിടുത്തെ നാണയമല്ലാതെ വെളിയിൽ നിന്നുള്ള നാണയം ഇടാൻ സമ്മതിക്കില്ല അപ്പോൾ ആർക്കെങ്കിലും അവിടെ ഒരു നേർച്ച കഴിച്ചൊരു കാണിക്കയിടണമെന്നുണ്ടെങ്കിൽ ഇവർ അന്ന് പ്രചാരത്തിലുള്ള അവരുടെ ആ കറൻസി കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൽ അംഗീകാരയോഗ്യമായ കറൻസിയിലേക്കും മാറ്റണം ചുരുക്കത്തിൽ കറൻസിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്ന പരിപാടി അതും ഈ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട് ഇതിനൊക്കെ കൊള്ളലാഭമാണിവർ കൊയ്യുന്നത് ഇങ്ങനെ ചുരുക്കത്തിൽ അവിടെ യാഗമാകട്ടെ കാണിക്കയിടുന്നതാകട്ടെ ഏത് പരിപാടിക്ക് പാവപ്പെട്ട ഒരു യഹൂദം വന്നാലും അവനെ മുതലെടുത്ത് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന നിലയിൽ ഈ ദേവാലയത്തെ മാറ്റിത്തീർത്ത ഒരു കാലഘട്ടത്തിൽ ഇതാ നസ്രത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് സത്യത്തിൽ അന്നേരം അതിനെതിരെ ഒന്നും പറയാൻ വയ്ക്കുകയില്ല കാര്യം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കുള്ളിൻ്റെ ഉള്ളിൽ അറിയാം അത് തന്നെയല്ല സമൂഹം മുഴുവൻ ഈ അനീതി വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ട് അപ്പോഴാണ് യേശു വന്ന് ഇതിനെതിരെ ആ നിലയിൽ താൻ ചമ്മട്ടിയെടുക്കുന്നത് അതുകൊണ്ട് അവരന്നേരമൊന്നും പറഞ്ഞിട്ടുണ്ടാകുകയില്ല എന്നാൽ ഈ ഒരു സംഭവമാണ് അവരുടെ സാമ്പത്തികമായ നേട്ടത്തിനെതിരെ യേശു നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരെ എന്ത് ചെയ്തത് ഇവനെ ഇങ്ങനെ വിട്ടാൽ ഇനി പറ്റുകയല്ല ഇവനെ എന്തു ചെയ്യണം ഇവനെ ഇല്ലാതാക്കിയാലേ പറ്റുകയുള്ളൂ അതേസമയം യേശു ഇങ്ങനെ ഒരു നടപടി എടുക്കാതെ വല്ല പാവപ്പെട്ട രോഗികളെയൊക്കെ സൗഖ്യമാക്കുകയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അപ്പം അത് വർത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും നല്ല കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുകയും നല്ല ഉപമകളൊക്കെ ഈ ശാസ്ത്രിമാരും ഒന്നും യേശുവിൻ്റെ നേരെ ഇത്രയേറെ ഗൗരവത്തോടെ പെരുമാറുന്നു ആയിരുന്നില്ല മറിച്ച് അവരുടെ സാമ്രാജ്യത്തിന് ഇവനൊരു ഭീഷണിയാണ് എന്ന് വന്നപ്പോൾ അവരുടെ സാമ്പത്തികമായ ആ പരിപാടികളെ ഇവൻ ചോദ്യം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഈ ഒരു സംഭവമാണ് യേശുവിനെ ക്രോശിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെ അവരെ നയിച്ചത് എന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പലപ്പോഴും പറയാറുള്ളത് പ്രിയപ്പെട്ടവർ നമുക്കതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല അതൊരു ആമുഖമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഇതാ യേശു ഈ ദേവാലയത്തിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു ശുദ്ധീകരണം നടത്തിയിട്ട് യേശു നാല് കാര്യങ്ങൾ ഇവിടെ പറയുന്നു ഒന്നെന്ന് പറയുന്നത് യേശു പറയുന്നത് ഇതിനെ ഈ ദേവാലയത്തെ യേശു അതിൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതിനെ നിർമ്മലമാക്കി തീർത്തു അവിടെയുള്ള കച്ചവടക്കാരെയെല്ലാം പുറത്താക്കി വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയെല്ലാം പുറത്താക്കി പൊൻവാണിഫക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞു അങ്ങനെ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ ദേവാലയത്തെ ശുദ്ധീകരിച്ച് ആ ദേവാലയത്തെ ഒരു നിർമ്മലതയുടെ ഒരാലയമാക്കി തീർക്കുന്നു ഹൗസ് ഓഫ് പ്യൂരിറ്റി നിർമ്മലതയുടെ ഒരു ദേവാലയമാക്കി യേശു തീർക്കുന്നു രണ്ടാമതോ രണ്ടാമതോ പതിമൂന്നാമത്തെ വാക്യം പതിമൂന്നാമത്തെ വാക്യം യേശു പതിമൂന്നാമത്തെ വാക്യത്തിൽ വിരളി ചൂണ്ടുന്ന എന്തിനെതിരെയാ ഇത് ശരിക്കു പറഞ്ഞാൽ ഈ ദേവാലയം എന്താ ഒരു പ്രാർത്ഥനാലയമാണ് അതൊരു ഹൗസ് ഓഫ് പ്രയർ ആയിരിക്കണം പ്രാർത്ഥനാലയമായിരിക്കണം എന്നാൽ ഇന്നത് ഹൗസ് ഓഫ് പ്രേയർ അല്ല ഇത് ഇത് ഇന്നു മുതൽ എന്തായിത്തീരണം ഒരു പ്രാർത്ഥനാലയമാക്കി തീർക്കണം അങ്ങനെ നോക്കുക ദേവാലയത്തെ യേശു രണ്ടാമത് ഹൗസ് ഓഫ് പ്രയർ എന്നുള്ള നിലയിൽ കാണുന്നു അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ അടുക്കൽ വന്നു അവനവരെ സൗഖ്യമാക്കി കണ്ടോ ഈ ദേവാലയം ഇപ്പോൾ എന്ത് എന്തിൻ്റെ സ്ഥലമായി തീർന്നു അത്ഭുതത്തിൻ്റെ ദേവാലയമായി തീർന്നു ഹൗസ് ഓഫ് പവർ ശക്തിയുടെ ദേവാലയമായി തീർന്നു ഒടുവിലേക്ക് വരുമ്പോഴോ ഒടുവിലേക്ക് വരുമ്പം കുറേ ബാലന്മാരും ശിശുക്കളുമൊക്കെ ദൈവത്തിന് പുകഴ്ചയും ആർപ്പും ഒക്കെ നടത്തുകയാണ് ഈ പുകഴ്ചയും ആർപ്പുമൊക്കെ നടത്തുന്നത് ആർക്കിഷ്ടപ്പെട്ടില്ല പുരോഹിതന്മാർക്കിഷ്ടപ്പെട്ടില്ല യേശു പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ദൈവത്തിന് പുകഴ്ച്ച നിയമിക്കുന്നു എന്ന് പറഞ്ഞ് ഇതൊരു പുകഴ്ച്ചയുടെ സ്ഥലമായിരിക്കണം എന്ന് പറഞ്ഞ് ഇതിനെ കർത്താവ് ഒരു ഹൗസ് ഓഫ് പ്രൈസ് ആക്കി മാറ്റി നാല് കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത് ഒന്ന് ഇത് ഒരു ഹൗസ് ഓഫ് പ്യൂരിറ്റി ഒരു എന്താ പറയുക നിർമ്മലതയുടെ ഒരു ആലയമായിരിക്കണം നിർമ്മലതയുടെ ഒരു ദേവാലയമായിരിക്കണം രണ്ട് ഇതൊരു പ്രാർത്ഥനയുടെ ആലയമായിരിക്കണം മൂന്ന് ഇതൊരു ശക്തിയുടെ ആലയമായിരിക്കണം ഹൗസ് ഓഫ് പവർ നാലാമത് ഇതൊരു പുകഴ്ചയുടെ ദൈവസ്തുതിയുടെ നന്ദിയുടെ ഹൗസ് ഓഫ് പ്രൈസ് ആയിരിക്കണം യേശു ഈ ദേവാലയത്തെ ശുദ്ധീകരിച്ചത് ഈ നിലയിലാണ് പ്രിയപ്പെട്ടവർ നമ്മളെന്തിനാണ് ഈ പഴയ ചരിത്രമെല്ലാം ഈ നിലയിൽ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യഹൂദൻ്റെ ദേവാലയം അതെങ്ങനെയായാലും നമുക്കൊരു കാര്യമില്ല നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ കർത്താവ് ചെയ്ത ഈ കാര്യം ഈ നാല് കാര്യം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുകയാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദേവാലയമുണ്ടോ യഹൂദൻ എന്നൊരു ദൈവാലയം ഉണ്ടായിരുന്നു നമുക്കൊരു ആ നിലയിൽ ഒരു ആലയം ദൈവം വസിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും വന്ന് യഹൂദൻ്റെ ആ സിനി ദേവാലയം പോലെ ഒരു ദേവാലയം അതിൽ ഇന്ന് ദൈവം വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സങ്കല്പമുണ്ടോ ക്രിസ്തീയതയിൽ അങ്ങനെ ഒരു സങ്കല്പമില്ല നമ്മൾ അപ്പോസ്തൽ പ്രവർത്തി പതിനേഴാം അധ്യായത്തിൽ പൗലോസിൻ്റെ പ്രസംഗം നോക്കുക പൗലോസിൻ്റെ പ്രസംഗത്തിൽ പൗലോസ് ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് പതിനേഴാമത്തെ അധ്യായം അപ്പോൾ ചിലപ്പോഴത്തെ പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ലോകവും ഇരുപത്തിനാലിലൂടെ ചേർത്ത് വായിക്കുമ്പം ലോകവും അതിലുള്ളതൊക്കെയും ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ദേവാലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല പൗലോസ് വളരെ കൃത്യതയോടെ പറഞ്ഞിരിക്കുക ഇന്ന് ഇന്നപ്പോൾ ക്രിസ്തീയതയുടെ പേരിൽ ചിലർ വലിയ ദേവാലയം അവിടെ എന്തോ ദൈവത്തിൻ്റെ എന്തോ പ്രത്യേക സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുണ്യസ്ഥലങ്ങളായിട്ട് നിർത്തുന്നതിന് ബൈബിളിൽ വല്ല അടിസ്ഥാനമുണ്ടോ ബൈബിളിൽ ഒരു അടിസ്ഥാനവും ഇല്ല പ്രിയപ്പെട്ടവരെ എവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് കർത്താവത് പറഞ്ഞിട്ടൊന്നുണ്ട് നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ അവിടമാണ് ദൈവാലയം അല്ലാതെ എന്തോ ഒരു പ്രത്യേക സ്ഥലം ഈ ദേവാലയങ്ങളൊക്കെ നമ്മൾ നോക്കുക അതൊക്കെ ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഒരു കുന്നിൻ്റെ മുകളിലോ വലിയവായിരിക്കും പലപ്പോഴും ദേവാലയം ഞാനിവിടെ നമ്മുടെ ഈ സ്ഥലം വാങ്ങിച്ചിവിടെ നമ്മൾ ഈ കെട്ടിടം വെച്ച് കഴിഞ്ഞപ്പം ഞാനൊരളവിൽ സന്തോഷിച്ചു നിലവിലിരുന്ന ഒരു സങ്കല്പത്തെ നമ്മൾ തകർത്തുകളയ്യുക ചെയ്തത് അതായത് എന്താ നമ്മളൊരു താഴ്ചയിലാണ് കൊണ്ടുവന്ന ഈ കെട്ടിടം വെച്ചേക്കുന്നത് സാധാരണ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ ദേവാലയങ്ങളും എവിടെയായിരിക്കും ഒരു കുന്നിൻ്റെ മുകളിലായിരിക്കും എന്നുവെച്ചാൽ അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ആളുകളൊക്കെ കുന്നെല്ലാം കയറി കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ദൈവത്തോട് കുറച്ചുകൂടെ അടുത്തു അല്ലാതെ ഒരു താഴ്ചയിൽ ഒരു കുഴി കൊണ്ടുവന്ന ആരും സാധാരണഗതിയിൽ ദേവാലയം വെക്കുകയില്ല നമ്മൾ നമുക്ക് ഇതൊരു ദേവാലയം എന്ന് പറയാനൊക്കെയല്ല നമ്മൾ കൂടാനായിട്ടുള്ള ഒരു ഹോൾ എന്ന് പറയാം ഇതിങ്ങനെ താഴ്ചയിൽ വെച്ചത് ഒരളവിൽ നന്നായി നിലവിലുള്ള ചില സങ്കല്പങ്ങളെ നമുക്ക് തകർത്ത് കളയാനായിട്ട് പറ്റുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു വന്നതിലേക്ക് മടങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ദേവാലയം എന്ന് വെച്ചാൽ എന്താ ദേവാലയം എന്ന് വെച്ചാൽ ആരെങ്കിലും ഉണ്ടാക്കി വച്ചേക്കുന്ന ചില ക്ഷേത്രങ്ങളോ ചില പുണ്യസ്ഥലങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ അവിടെ മാത്രം ദൈവത്തിൻ്റെ അധിവാസം ബാക്കിയൊന്നുമില്ല ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവിടെ ചെല്ലണം ഇങ്ങനെ ഒരു സങ്കല്പമാണ് ഇന്ന് മതം വെച്ചിരിക്കുന്നത് എല്ലാ മതങ്ങളും ക്രിസ്തീയ മതം ക്രിസ്തീയ മതം ഉൾപ്പെടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ അതിനൊരു അടിസ്ഥാനമില്ല ദൈവവചനം ദൈവവചനം ഇതാ നമ്മൾ വായിച്ച അപ്പോസ്റ്റലപ്പുറത്തി പതിനേഴാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നു വലിയവനായ ദൈവം എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ കൈപ്പണിയായ ഒരു ദൈവാലയത്തിലല്ല വാസം ചെയ്യുന്നത് മറിച്ച് ദൈവം എവിടെയാണ് വാസം ചെയ്യുന്നത് ദൈവം രണ്ടിടത്താണ് വാസം ചെയ്യുന്നത് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ഒരു വാക്യം നോക്കാം ഒന്ന് കോരുൻറ്റിയാർ മൂന്നാമധ്യായം മൂന്നാമധ്യായം ദൈവത്തിൻ്റെ അധിനിവാസമുള്ള ഒരു സ്ഥലത്തെ അധിവാസമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കാണുന്നു മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ഇവിടെ അപ്പോസലനായ പൗലോസ് കൊരിന്തർക്ക് ലേഖനമെഴുതുക കൊരിന്തർക്ക് ലേഖനമെഴുതുക കൊരിന്തൃർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ എന്താ ഇവിടെ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പൗലോസ ഉദ്ദേശിക്കുന്നത് കൊരിന്തലുള്ള വിശ്വാസികൾക്ക് പൗലോസ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക നിങ്ങളാണ് നിങ്ങളാണ് എന്ത് ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുമ്പോൾ ദൈവം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുത്ത് കർത്താവായി യേശുക്രിസ്തുവിന് നാഥൻ രക്ഷകനുമായ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് നിങ്ങൾ കുറച്ച് പേർ ഇതാ കൊരിന്തിൽ കൂടിയിരിക്കുന്നു നിങ്ങൾ കൂടുന്ന അതാണ് എന്ത് ദൈവത്തിൻ്റെ മന്ദിരം അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത് ആ ഒരു സഭയാണ് ആ ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ മന്ദിരം എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്ന വേറെ ഒരു കാര്യം പൗലോസ് തന്നെ പറയുന്നുണ്ട് ഒന്ന് കൊരിൻറ്റാർ ആറാം അധ്യായത്തിൻ്റെ ആറാമധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം പത്തൊൻപത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തു ഇവിടെ എന്താ ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ ആലയം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാ കർത്താവായ യേശുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മന്ദിരമാണ് മനസ്സിലായോ അതായത് കർത്താവിനെ ഹൃദയത്തിലെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അങ്ങനെ ഒരു ഒരാൾ ദൈവത്തിനായിട്ട് തന്നെ തന്നെ അർപ്പിക്കുമ്പം ആ ആളെന്തായിത്തീരുക ദേവാലയമായിത്തീരുക അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വായിച്ചു അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടം ഒന്നിച്ചു വരുമ്പം അവിടവും ഒരു മന്ദിരമായി മാറുക ദൈവാലയമായി മാറുക അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചതിൽ നിന്ന് നമുക്കിങ്ങനെ പറയാം നമ്മൾ ഓരോരുത്തരും എന്താണ് ദൈവത്തിൻ്റെ ആലയമാണ് അതുപോലെ ദൈവത്തിൻ്റെ സഭയും അതെവിടെ കൂടിയാലും അതും ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയം അപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ദേവാലയങ്ങളാണ് നമ്മൾ കൂടുന്ന സഭ ഒന്നിച്ചുള്ള കൂട്ടവും ദേവാലയമാണ് ആട്ടെ ഈ ദേവാലയം എങ്ങനെയുള്ള ദേവാലയമായിരിക്കണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞത് നമുക്കതിലേക്ക് മടങ്ങി വരാൻ പത്താം ഏഴ് ദിവസം ശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഈ ദേവാലയം അത് ഒന്നാമത് നിർമ്മലമായ ഒരു ദേവാലയമായിരിക്കണം രണ്ട് അതൊരു പ്രാർത്ഥനാലയമായിരിക്കണം മൂന്ന് അതൊരു ശക്തിയുടെ ആലയമായിരിക്കണം നാല് അതൊരു പുകഴ്ചയുടെ ആലയമായിരിക്കണം നമ്മൾ സഹോദരി സൌഹന്മാരെ നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്ത് എന്തുണ്ടായിരിക്കണം നമ്മളൊരു ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം വ്യക്തിപരമായ നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തിൽ അതൊരു ഹൗസ് ഓഫ് പ്യൂരിറ്റി ആയിരിക്കണം ഹൗസ് ഓഫ് പ്രെയർ ആയിരിക്കണം ഹൗസ് ഓഫ് പവറായിരിക്കണം ഹൗസ് ഓഫ് പ്രൈസ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് കൂടുന്ന പ്രാദേശിക സഭയും എന്തായിരിക്കണം അതും ദൈവാലയമാണല്ലോ ദൈവത്തിൻ്റെ മന്ദിരമാണല്ലോ അതും അവിടെയും എന്തുണ്ടായിരിക്കണം അവിടെയും വിശുദ്ധി ഉണ്ടായിരിക്കണം അവിടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അവിടെയും ശക്തി ഉണ്ടായിരിക്കണം അവിടെയും പുകഴ്ച ഉണ്ടായിരിക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും ഈ രണ്ട് ഈ നാല് കാര്യങ്ങളുമുണ്ടോ രണ്ട് തലങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ഒറ്റ ഒറ്റ ജീവിതത്തിൽ അവിടെ വിശുദ്ധിയുണ്ടോ ഒറ്റ ഒറ്റ ജീവിതത്തിൽ അവിടെ പ്രാർത്ഥനയുണ്ടോ ഒറ്റയറ്റ ജീവിതത്തിൽ അവിടെ പാപത്തിൻ്റെ മേലുള്ള ജയം അങ്ങനെയുള്ള ഒരു ശക്തി അവിടെ ഉണ്ടോ അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ദൈവത്തിനൊരു പുകഴ്ചയും ദൈവത്തിനൊരു നന്ദിയും ഉണ്ടോ രണ്ടാമത് നമ്മളൊരു സഭയെന്നുള്ള നിലയിൽ കൂടി വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവസഭയുടെ ഈ നാല് ലക്ഷണം നമ്മുടെ കൂട്ടത്തിലുണ്ടോ നമ്മൾ കൂടി വരുന്ന സഭയിലുണ്ടോ ഇത് ആ നിലയിൽ ഒരു നിർമ്മലമായ ഒരു ദേവാലയമാണോ ഇതൊരു പ്രാർത്ഥനാലയമാണോ ഇതൊരു ശക്തിയുടെ ആലയമാണോ ഇതൊരു പുകഴ്ചയുടെ ആലയമാണോ കണ്ടോ യഥാർത്ഥ ദേവാലയത്തിന് നാല് ലക്ഷണങ്ങളാണ് യേശുവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഈ നാല് ലക്ഷണങ്ങൾ നമ്മുടെ പ്രാദേശിക സഭയ്ക്കുണ്ടോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടോ ഇത്രയുമാണ് ആകെപ്പാടെ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആളുകൾ നമ്മളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും നമ്മളെന്തല്ല യഥാർത്ഥത്തിലുള്ള ഒരു ദൈവാലയം അല്ല നമ്മുടെ കൂടിവരവിൽ നമ്മുടെ കൂട്ടത്തിൽ ഈ നാല് കാര്യങ്ങൾക്ക് വിശുദ്ധിക്കും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും അതുപോലെ ദൈവിക ശക്തിക്കും ദൈവത്തിനുള്ള പുകഴ്ചയ്ക്കും നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ ആ നാല് കാര്യങ്ങൾ തെളിവായിട്ടില്ലെങ്കിൽ ആ കൂട്ടം എന്തല്ല ആ കൂട്ടം യഥാർത്ഥത്തിലുള്ള ദൈവം കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ച വിധത്തിലുള്ള ഒരു ദേവാലയമല്ല എന്ന് പറയേണ്ടി വരും നമുക്ക് ഈ വചനങ്ങളുടെ മുമ്പാകെ നമ്മളെ തന്നെ ശോധന ചെയ്യാം ഇവിടെ പറഞ്ഞ ഓരോ ഘടകങ്ങൾ നമുക്ക് വളരെ വേഗത്തിലെടുത്ത് നോക്കാം ഒന്നാമത് നമ്മൾ പറഞ്ഞു ഇതൊരു ഹൗസ് ഓഫ് പ്യൂരിറ്റി ഒരു നിർമ്മലതയുടെ ഒരു സ്ഥലമായിരിക്കണം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും നിർമ്മലത ഉണ്ടാവണം നമ്മുടെ കൂടി ആ നിലയിലുള്ള നിർമ്മലത ഉണ്ടാവണം പ്രിയപ്പെട്ടവർ ദൈവവചനത്തിൽ നിർമ്മലത എന്ന് പറയുന്നത് മിക്കവാറും ഹോളിനെസ് വിശുദ്ധി വിശുദ്ധി എന്നൊരു പദപ്രയോഗമാണല്ലോ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ബൈബിളിൽ എത്രയോ ഇടത്ത് വിശുദ്ധിയെക്കുറിച്ച് പറയുന്നു ഓ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ വായിക്കുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും ദൈവം വിശുദ്ധനാണ് അതുകൊണ്ട് വിശുദ്ധി എന്നൊരു കാര്യം ദൈവം തൻ്റെ ദൈവാലയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു തൻ്റെ മന്ദിരത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം വിശുദ്ധി ഇല്ലെങ്കിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും മറ്റെന്തെല്ലാം പ്രകടനങ്ങളുണ്ടെങ്കിലും അതെന്തല്ല ദൈവാലയത്തിൻ്റെ കർത്താവ് വെച്ചാൽ ഇപ്പോൾ കർത്താവ് ശുദ്ധീകരിച്ചാൽ ഈ ദേവാലയത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ പോകും അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ഗൗരവമായിട്ട് നോക്കാം എന്താണ് ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ ഇത് വിശുദ്ധിയെന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് വാക്കുകൾ ഇതിൻ്റെ മൂലഭാഷയിൽ ഇതിനെക്കുറിച്ച് പറയാറുണ്ട് ഏഹ് നമ്മളറിയാവുന്ന പോലെ ഹോളിനസ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹോളിനസ് എന്നും രണ്ടാമത് സാങ്ടിഫിക്കേഷൻ എന്നും രണ്ട് വാക്കുകൾ പറയാറുണ്ട് എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസമെന്താ രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആ രണ്ട് ആ വ്യത്യാസം മനസ്സിലാക്കി ഈ രണ്ട് കാര്യങ്ങളും ഹോളിനസ്സും സാങ്ടിഫിക്കേഷൻ രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലേ യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധി നമുക്കുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ടേ കഴിയുള്ളു നമ്മൾ ഈ നമ്മൾ കൊരിന്തലെ കുറിച്ച് പറഞ്ഞല്ലോ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവരെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കൊരിന്തിന്യർ ഒന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ കൊരിന്തലുള്ള ആളുകളോട് കർത്ത പൗലോസ് പറയുന്നു നിങ്ങൾ കൊരിന്തലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്കും എഴുതുന്നത് ഈ കൊരിന്തലുള്ളവരെ എന്താ വിളിച്ചേക്കുന്നത് വിശുദ്ധന്മാർ വിശുദ്ധന്മാരെന്നാണ് വിളിച്ചേക്കുന്നത് സെയിൻറ്റ് സെയിൻറ്റ് ഇന്ന് പലയിടത്തും ചിലരെ വിശുദ്ധന്മാരായിട്ടൊക്കെ പ്രഖ്യാപിക്കാറുണ്ട് എന്നാൽ ദൈവവചനം യഥാർത്ഥത്തിലുള്ള ദൈവോചനമനുസരിച്ച് എന്താണ് കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് കർത്താവിനായിട്ട് വേർപെട്ട എല്ലാവരും എന്താ വിശുദ്ധരാണ് അവരെ ദൈവോചനം വിശുദ്ധരെന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അവർ അതുവരെ കർത്താവിനെ സ്വീകരിക്കുന്നത് വരെ ഈ ലോകത്തിലായിരുന്നിരിക്കാം പക്ഷേ ഈ ലോകത്തിലായിരുന്ന ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തു ദൈവം തിരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിന് മുമ്പ് ഇവരെ കണ്ടു ഇവരെ കണ്ട് കാലാകാലങ്ങളിൽ ഇവരെ ദൈവം തന്നിലേക്ക് ആകർഷിച്ച് അവർ തങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിച്ച് ദൈവത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അവരെന്തായിത്തീർന്നു അവർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവരുടെ പേര് മാറി അവരെ വിശുദ്ധരെന്നാണ് ദൈവജനം പിന്നീട് വിളിക്കുന്നത് വിശുദ്ധർ എന്നവരെ അഭിസംബോധന ചെയ്യുന്നു പക്ഷെ ചിലപ്പം അവരുടെ ജീവിതത്തിൽ ഈ കൊരിന്തലേഖനം തന്നെ നമ്മൾ ഒന്നു കൊരിന്തർ വായിച്ചു നോക്കുമ്പം അവിടെ ഉള്ള പലരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വലിയ വിശുദ്ധിയൊന്നും പലയിടത്തും കണ്ടിട്ടില്ല പലയിടത്തും കാണുന്നില്ല എങ്കിലും ദൈവോധനം അവരെ വിളിക്കുന്നത് എന്താ അവരെ വിശുദ്ധരെന്നാണ് വിളിക്കുന്നത് സഹോരാ സഹോരി വിശുദ്ധിയുടെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാ ഞാൻ നീയും കർത്താവായ യേശുവിനായിട്ട് സമ്പൂർണമായിട്ട് ജീവിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ വിശുദ്ധർ എന്ന് അഭിസംബോധന ചെയ്യുന്നു സ്വർഗം നമ്മളെ അങ്ങനെ മുദ്ര കുത്തുന്നു നമ്മൾ അതെന്താണ് അങ്ങനെ അങ്ങനെ ചെയ്യാനുള്ള കാര്യമെന്താ ദൈവം എന്തുകൊണ്ടാണ് ഈ നിലയിലെ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് നമ്മളെ തന്നെ കൊടുത്തു കഴിയുമ്പോൾ ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മുടെ സ്ഥാനം മാറിക്കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു ദൈവത്തിലുള്ള നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വിശുദ്ധരായിത്തീരുക എന്നു വെച്ചാൽ ലോകത്തിലായിരുന്നു നമ്മുടെ സ്ഥാനം ആ ലോകത്തിലെ സ്ഥാനത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നമ്മളെ തന്നെ കർത്താവിനായിട്ട് കൊടുത്തു നമ്മൾ കർത്താവിലായിത്തീർന്നു കർത്താവിലായിത്തീർന്നാൽ കർത്താവ് എന്താണ് കർത്താവ് വിശുദ്ധനാണ് കർത്താവ് വിശുദ്ധനായതുകൊണ്ട് നമ്മുടെ സ്ഥാനം ലോകത്തിൽ നിന്ന് മാറി കർത്താവിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്തായിത്തീർന്നു നമ്മൾ വിശുദ്ധരായി തീർന്നു ഇതിൻ്റെ അകത്ത് വ്യക്തിപരമായിട്ട് നമ്മളിൽ ഒരു വലിയ മാറ്റം ഒരുപക്ഷെ ഉണ്ടായിരുന്നു വരികയില്ല പക്ഷേ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് കൊടുത്തു ദൈവത്തിൽ നമ്മൾ അർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദൈവം നമ്മളെ വിശുദ്ധരെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത് വ്യക്തമാകാൻ ഒരു ഒരു ഭാഗം ഒന്ന് തീമത്തിയോസിലെ നമുക്ക് വായിക്കാം ഒന്ന് തീമത്തിയോസ് അതിൻ്റെ അതിൻ്റെ നാലാമധ്യായം നാലാമധ്യായം മൂന്ന് മുതൽ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് തീമത്തി ദിവസം നാലാമധ്യായം അതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ബോജ്യങ്ങളെ വർജിക്കണമെന്ന് ചിലർ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ നാലാമത്തെ വാക്യം എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും അത് വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ കണ്ടോ അവിടെ വിശുദ്ധീകരിക്കപ്പെടുക എന്നൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ അത് വിശുദ്ധീകരിക്കപ്പെട്ടു ദൈവവചനത്താലും പ്രാർത്ഥനയാലും ഏതിൻ്റെ കാര്യമാണോ ഇവിടെ ഈ പറയുന്നത് ഏ അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ ആളുകൾ പലരും ഭക്ഷണ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ചന്തയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണ സാധനം വാങ്ങുന്നത് പോലെ ചന്തയിൽ നിന്ന് അവർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നു വാങ്ങുമ്പോൾ അവയിൽ പല ഭക്ഷണ സാധനങ്ങളും എന്തായിരിക്കാം പല നിലയിൽ ഒരുപക്ഷെ ഒരു ഒരു വിഗ്രഹത്തിന് മുമ്പിലോ വല്ലതോ അർപ്പിച്ചിട്ട് നിവേദ്യമായിട്ട് അർപ്പിച്ചിട്ട് അതായിരിക്കാം കൊണ്ടുവന്ന് ചന്തയിലെ വിൽക്കുന്നത് ഈ വിൽക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ചിലർ പറഞ്ഞു അയ്യോ ഇതൊരു പക്ഷേ വല്ല വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വലിയ അർപ്പിച്ചതായിരിക്കും അതുകൊണ്ട് ഇത് തിന്നുന്നത് ശരിയല്ല പൗലോസിനോട് അവർ ഈ കാര്യം ചോദിച്ചു പൗലോസ് അതിന് നൽകുന്ന മറുപടിയാണ് നമ്മൾ ഈ വായിക്കുന്നത് പൗലോസ് എന്താ പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കും അത് ഈ ഭക്ഷണ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളത് കഴിക്കുമ്പം ഒരു മലിനപ്പെട്ട മനസാക്ഷിയോടെ കഴിക്കേണ്ടതായിട്ടില്ല ഇത് എന്തോ മലിനപ്പെട്ട ഒന്നാണ് എന്ന് കരുതേണ്ടതായിട്ടില്ല കാരണം ഈ ഭക്ഷണ സാധനം നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെന്താ ചെയ്യുന്നു നിങ്ങൾ ദൈവവചനത്താലും പ്രാർത്ഥനയാലും പ്രാർത്ഥിച്ച് അത് കഴിക്കുമ്പോൾ അതെന്തായി തീർന്നു അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്തായി തീർന്നു അത് വിശുദ്ധമായി തീർന്നു വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ എന്നാണ് പൗലോസൂടെ പറയുന്നത് കണ്ടോ ഈ ഭക്ഷണ സാധനത്തെ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് വിശുദ്ധമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാൽ അത് മാർക്കറ്റിൽ ഇരുന്നപ്പോഴോ മാർക്കറ്റിലിരുന്നപ്പോൾ അത് വിശുദ്ധമല്ലായിരുന്നു അത് ഇവിടെ ഒരു ക്രിസ്ത്യാനിയുടെ ഭക്ഷണമേശയിൽ വന്നു അവൻ എന്ത് ചെയ്തു അവനതിനെ പ്രാർത്ഥിച്ച് ആ ദോജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രാർത്ഥിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ അതെന്തായിത്തീർന്നു അത് വിശുദ്ധമായിത്തീർന്നു അതിൻ്റെ ഭക്ഷണത്തിൻ്റെ രുചിക്കു വല്ലതും മാറ്റം വന്നു ഈ മാർക്കറ്റിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ വിശുദ്ധമാക്കി അവൻ ഭക്ഷിക്കുന്നു അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം വേറൊരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കുന്നു സത്യത്തിൽ ആ അതിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസിന് മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ ഇല്ല മാറ്റമൊന്നും വന്നിട്ടില്ല മാറ്റമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥനയാലും ദൈവചനത്താലും ഇതെന്തായി തീർന്നു ഓട്ടോമാറ്റിക്കായിട്ടത് വിശുദ്ധമായി തീർന്നു ഇതാണ് മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ ആ സ്ഥാനം ആ ഭക്ഷണ സാധനത്തിൻ്റെ സ്ഥാനം അവിടെ നിന്ന് ഒരു വിശുദ്ധൻ്റെ മേശയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ആ സ്ഥാന വ്യത്യാസം കൊണ്ട് തന്നെ പ്രാർത്ഥനയാൽ അതെന്തായിത്തീർന്നു അത് വിശുദ്ധമായിട്ട് അതിനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതെല്ലാം വിശദമായിട്ട് നോക്കാനായിട്ട് സമയമില്ല കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ ഏതോ ഒരു വെള്ളിയാഴ്ചയാണോ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ഈ കാര്യം ചിന്തിക്കുകയുണ്ടായി മത്തായി എഴുന്ന സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ കർത്താവ് ഈ കാര്യം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തു ഇതേ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ദേവാലയത്തിലേക്ക് ഒരു കാര്യം കൊണ്ടുവന്നു കഴിയുമ്പോൾ അതെന്തായിത്തീർന്നു അത് വിശുദ്ധമായി തീർന്നു യാഗപീഠത്തിലേക്ക് ഒരു കാര്യം കൊണ്ടുവന്നു കഴിയുമ്പോൾ അതെന്തായിത്തീർന്നു അത് വിശുദ്ധമായിത്തീർന്നു സാധനം മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് പക്ഷേ അത് യാഗപീഠത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് വിശുദ്ധമായിത്തീർന്നു പ്രിയപ്പെട്ടവരെ ഞാനിതെല്ലാം ഇത്രയും പറഞ്ഞത് നമ്മൾ കർത്താവിലേക്ക് നമ്മളെ തന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പേരെന്തായി മാറി ദൈവം തന്നെ നമ്മളെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞു ആ വിശുദ്ധി നമുക്കുണ്ട് എന്നാൽ ആ ഒരു വിശുദ്ധിക്ക് ആ ഒരു വശം മാത്രമല്ല ഉള്ളത് അങ്ങനെ ദൈവം നമ്മളെ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യണം നമ്മൾ ദിനംതോറും നമ്മുടെ വിശുദ്ധിയെ തികയ്ക്കണം നമ്മളെ വിശുദ്ധരെന്ന് ദൈവ പേര് നൽകി പക്ഷേ ഇപ്പോഴും നമ്മുടെ വർത്തമാനത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ പലയിടത്തും ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത ചില കാര്യങ്ങൾ ഉണ്ടെന്ന് ദൈവാത്മാവ് നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം നമ്മൾ വിശുദ്ധിയെ തികയ്ക്കണം നമ്മൾ ആ അത് വിശുദ്ധിയുടെ ഒരു രണ്ടാമതൊരു തലമാണ് ഞാനാ പറഞ്ഞത് വ്യക്തമായി എന്നെ കരുതുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിശുദ്ധ വിശുദ്ധമായ ഒരു ദേവാലയം വിശുദ്ധമായ ഒരു മന്ദിരമായിരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട് ദൈവം നമ്മളെ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചു അതേപോലെ തന്നെ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദിനംതോറും വിശുദ്ധിയെ തികയ്ക്കുകയും ചെയ്യണം അല്ലാതെ ദൈവം ഞങ്ങളെ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ടീച്ചിങ്ങുകൾ ആ നിലയിലുണ്ട് ചില ഉപദേശങ്ങൾ ആ നിലയിലുണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു ദൈവം നമ്മളെ വിശുദ്ധരാക്കിയിരിക്കുന്നു നമ്മളെ കൃപയുടെ പങ്കുകാരാക്കിയിരിക്കുന്നു നമ്മുടെ കൃപ കൃപ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചു ഈ കൃപയുടെ മക്കളായതുകൊണ്ട് ഇനി എന്ത് വേണ്ട നമ്മളിനി ആവശ്യമില്ലാതെ ചുമ്മാതെ ഓ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തെറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല നമ്മളെന്താ ദൈവത്തിന് അക്സെപ്റ്റബിളാണ് എന്നൊരു ടീച്ചിങ് ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷ വിഹിത സഭകളിൽ പലയിടത്തും അതിൻ്റെ സ്വാധീനമുണ്ട് അവരെന്താ ചെയ്യുന്നത് അവർ പറയുന്നതിൻ്റെ അകത്തെ ഈ വിശുദ്ധി സംബന്ധിച്ചുള്ള ഒരു ഭാഗികമായ സത്യമെടുത്തു ദൈവം വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചു ആ കാര്യം അവരെടുത്തു പക്ഷേ ദിനംതോറും അങ്ങനെ വിശുദ്ധി വിശുദ്ധരെന്ന് ദൈവം പ്രഖ്യാപിച്ചവർ തങ്ങളുടെ തന്നെ വിശുദ്ധിയെ തികയ്ക്കണം എന്നുള്ള കാര്യം അവരെ കാണുന്നില്ല കാണുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിശുദ്ധിയുടെ രണ്ട് തലങ്ങളും ഒന്ന് നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ ദൈവം എന്നെ വിശുദ്ധനാക്കി തീർത്തു വിശുദ്ധ മതിയാക്കി തീർത്തു ഞാനെ കർത്താവിനായിട്ട് എൻ്റെ ജീവിതത്തിൽ നൽകിയപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ്റെ മകനാക്കി തീർത്തു മകളാക്കി തീർത്തു ദൈവം വിശുദ്ധനാണ് ദൈവത്തിൻ്റെ മക്കളും വിശുദ്ധനാണ് ആ നിലയിൽ ഞാൻ വിശുദ്ധനാണ് ഓക്കെ അതൊരു വശമായിരിക്കുമ്പോൾ തന്നെ ഞാൻ വിശുദ്ധനായതുകൊണ്ട് എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ എൻ്റെ ഇടപാടുകളിൽ എൻ്റെ സംസാരത്തിൽ എൻ്റെ ബന്ധങ്ങളിൽ ഒക്കെ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി ഞാൻ നാൾതോറും വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യണം അങ്ങനെയാണ് ഈ വിശുദ്ധിയുടെ രണ്ട് തലങ്ങളും നമ്മൾ കൊണ്ടു നടക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വിശുദ്ധിക്ക് ആ നിലയിൽ നമ്മളൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവം നമ്മളെ വിശുദ്ധരെന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത് നമ്മുടെ നമുക്കൊത്തിരി ധൈര്യം തരുന്ന ഒരു കാര്യമാണ് അനാവശ്യമായ ഒത്തിരി കുറ്റബോധം നമ്മളിൽ നിന്ന് നീക്കി കളയുന്ന ഒരു കാര്യമാണ് എന്നാൽ അതുമാത്രമായാൽ നമ്മൾ കൃപയെ ലൈസൻസ് ആക്കി തീർക്കുന്നവരാകും മറുവശത്ത് നമ്മൾ എന്തോ വേണം ദൈവമക്കളാണ് അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും എല്ലാ നടപ്പിലും വിശുദ്ധരാകാൻ വേണ്ടി നമ്മളെ തന്നെ ദിനംതോറും വിശുദ്ധിയിൽ പുതുക്കിക്കൊണ്ടിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാവണം രണ്ട് നമ്മുടെ കൂടി വരവിൽ വിശുദ്ധിക്കൊരു പ്രാധാന്യമുണ്ടാവണം വിശുദ്ധി എന്ന് പറയുമ്പം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ചില നടപടിക്രമങ്ങളുമൊക്കെയാണ് എന്നാൽ വിശുദ്ധിയെന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം അത് കൊടുക്കാതെ ദൈവത്തിൻ്റെ സ്ഥാനം മറ്റ് പലതിലൂടെ കൊടുക്കുമ്പം അതെന്തായി തീർന്നു അത് അശുദ്ധമായി തീർന്നു നമ്മളൊരു സഭയെന്നുള്ള നിലയിൽ ദൈവത്തിനാണോ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് അതോ മാനുഷികമായ ചില പാരമ്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചില മനുഷ്യർക്കോ കർത്താവിനൊപ്പമുള്ള സ്ഥാനം കൊടുത്തിട്ടുണ്ടോ ഓ അങ്ങനെയാണെങ്കിൽ അത് വിശുദ്ധമല്ല നമ്മളെന്ത് വേണം വിശുദ്ധരായിരിക്കണം നമ്മുടെ കൂടി വരവുകളും ഒരു സഭയെന്നുള്ള നിലയിൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്കും വിശുദ്ധമായിരിക്കണം അപ്പോഴും നമ്മൾ പറഞ്ഞു വന്നത് മത്തായി എഴുതിയ സുശേഷം ഇരുപത്തി ഒന്നിലെ ഹൗസ് ഓഫ് പ്യൂരിറ്റി എന്നുള്ള കാര്യമാണ് രണ്ടാമത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അതെന്തായിരിക്കണം ഒരു ഹൗസ് ഓഫ് പ്രയറുമായിരിക്കണം നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥനാലയങ്ങളാകണം ആരാ പ്രാർത്ഥിക്കുന്നത് ആരാ പ്രാർത്ഥിക്കാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിസ്സഹായനായ ഒരാൾ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ തന്നിൽ തന്നെ ഒത്തിരി നിറവുള്ള ആൾ എന്ത് ചെയ്യുക അയാൾ പ്രാർത്ഥിക്കുക അയാൾക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അപ്പോൾ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മളെന്താണ് ദൈവത്തിലുള്ളൊരു ആശ്രയമാണ് ദൈവം എന്നെ ഈ കാര്യം കഴിയയില്ല നീ തന്നെ എന്നെ സഹായിച്ചാലേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു നിസ്സഹായത ഉള്ള ഒരാൾ മാത്രമേ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയുള്ളൂ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ടല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളാണ് നിങ്ങൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു വിധവ എന്ത് ചെയ്തു വിധവ നിരന്തരം അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ ആശ്രയിച്ചാശ്രയിച്ച് അവസാനം ആ കാര്യം നേടി നമ്മളോട് ആ ഉപമയിലെ കർത്താവ് എന്തോ പറയുന്നു നമ്മൾ ആ വിധവയെപ്പോലെ രാപ്പകൽ ദൈവത്തോടെ നിലവിളിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക ഈ ഭാഗം നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ പലപ്പോഴും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ദൈവമകനെ പ്രതിനിധാനം ചെയ്യാൻ കർത്താവ് ഉപമയിൽ ആരുടെ പ്രതീകമാണ് എടുത്തത് ഒരു വിധവയുടെ പ്രതീകമാണ് എടുത്തത് വിധവ എന്തിനാ വിധവയുടെ പ്രതീകം അങ്ങനെ എടുത്തത് വേറെ ആരെയെങ്കിലും എടുക്കരുതായിരുന്നു എന്തിനാ ഈ വിധവെ ആ നിലയിലെ കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ എടുത്തു നമ്മൾ ഒന്ന് തീമത്തിയോസ് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു വിധവയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ഒന്ന് തീമത്തെയോ സഞ്ചാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം സാക്ഷാൽ വിധവയും ഏകാകിയുമായവൾ ദൈവത്തിൽ ആശ വച്ച് യാചനയിലും പ്രാർത്ഥനയിലും ഉറ്റുപാർക്കുന്നു കണ്ടോ ഒരു വിധവ സാക്ഷാൽ വിധവയായവൾക്ക് എന്തില്ല വേറെ ആശ്രയമൊന്നുമില്ല അതേസമയം വിധവയല്ലാത്ത ഒരു സ്ത്രീക്കോ അവൾക്ക് അവളിൽ തന്നെ ഒത്തിരി ആശ്രയങ്ങളുണ്ട് അങ്ങനെ ഒരാളെക്കുറിച്ച് നമ്മൾ യശയാവിൽ കാണുന്നുണ്ട് യശയാവിൻ്റെ പുസ്തകം വിധവയല്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് യശയാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് യശയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ആകയാൽ ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരും ഞാൻ വിധവയായിരിക്കേയില്ല ഉത്രനഷ്ടം അറിയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയുമായുള്ളവളെ ഇത് കേൾക്കാം യശയാവിധ ഇസ്രായേൽ മക്കളുടെ തങ്ങളിൽ തന്നെയുള്ള ആശ്രയത്വത്തിനെതിരെ വിരൽ ചൂണ്ടുകാണ് ഇവിടെ അവിടെ എന്താ പറയുന്നത് ഇസ്രായേൽ മക്കൾ പറയുന്നു ഞങ്ങളെന്തല്ല ഞങ്ങൾ വിധവയൊന്നുമല്ല ഞങ്ങളങ്ങനെ മറ്റൊരാളിൽ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളെന്തല്ല ഞങ്ങൾ വിധവയല്ല വിധവയല്ല എന്ന് സ്വയം പറയുന്ന ആൾ ആ ആളിന് ആളിനെ എന്താ ദൈവം ദൈവജനം വിളിച്ചേക്കുന്നത് സുഖഭോഗിനിയും നിർഭയവാസിനിയുമായിട്ടുള്ള ഒരാളാന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒന്ന് തീമത്തി ദിവസം അഞ്ചിൻ്റെ അഞ്ചിലേക്ക് വരുമ്പം അവിടെ വിധവയെക്കുറിച്ച് എന്ത് പറയുന്നു അവൾ സാക്ഷാൽ വിധവ അവൾക്ക് മറ്റൊരാശ്രയമില്ല അവൾ രാപ്പകൽ ദൈവത്തെ മാത്രം ആശ്രയിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ഈ വിധവയുടെ ഭാഗത്താണോ നമുക്കൊരു പ്രാർത്ഥനയുണ്ടോ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം ദൈവസന്നിധിയിൽ നമുക്ക് ആ ഒരു വലിയൊരു ആശ്രയബോധമുണ്ടോ ഞാൻ പറയുന്നത് ഒത്തിരി ഭംഗിയേറിയ വാക്കുകൾ കൊണ്ട് വലിയ ദീർഘമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നു അന്നത്തെ കാലത്ത് ഒരു വിധവയുടെ ആത്മാവില്ലാത്ത പരീക്ഷന്മാര് വന്ന് എന്തു ദീർഘമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു ദൈവം പക്ഷേ ഈ പ്രാർത്ഥനയുടെ വാക്കുകളെയല്ല നോക്കുന്നത് പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ മനോഭാവത്തെയാണ് നോക്കുന്നത് പ്രാർത്ഥിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഒരു വിധവയുടെ മനോഭാവം ഇല്ലാതെ ദൈവത്തിലൊരു ആശ്രയമില്ലാതെ ഭംഗിയേറിയ വാക്കുകൾ കൊണ്ട് ദീർഘനേരം പ്രാർത്ഥിക്കാനായിട്ട് കഴിയും പക്ഷെ അത് ദൈവത്തിന് സ്വീകാര്യമല്ല യഥാർത്ഥ പ്രാർത്ഥന അതൊരു മനോഭാവമാണ് അതൊരു മനസ്സിൻ്റെ ഒരു പ്രത്യേക ഒരു നിലയാണ് ആ നില എന്താ ഞാൻ ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കും ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു നേരം പുലരുന്നു ദൈവമേ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു ദൈവത്തിലാണ് ആശ്രയം ദൈവത്തെ വിട്ടൊരു കാര്യമില്ല തന്നെ തന്നെ തന്നിൽ തന്നെ നിൽക്കത്തക്കവണ്ണം അവൻ എന്തില്ല അവനൊരു കരുത്തില്ലാത്തതുപോലെ പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണോ പ്രസവിക്കേണ്ടത് നമ്മൾ നല്ല കരുത്തോടെ നിൽക്കണം ഏഹ് എന്തോ വന്നാലും കൂസരുത് എന്നൊക്കെയല്ലേ ആളുകളെ ഉത്ബോധിപ്പിക്കേണ്ടത് പക്ഷേ ദൈവവചനം നേരെ വ്യത്യസ്തമാണ് ദൈവവചനം എന്താ പറയുന്നത് ഓ ദൈവം നിൻ്റെ കൂടെ നിൽക്കണോ നീ എന്തോ വേണോ നീ നിന്നിൽ തന്നെ ഒരു ആശ്രയമില്ലാതെ നിന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഞാൻ ഈ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും ഇല്ലാതിരിക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് നമ്മിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തെ വേണ്ടാത്ത ഒരു നിലയിൽ നിന്നാൽ അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് ദൈവം കാണുന്നില്ല സഹോദര സഹോദരി നമ്മളൊരു പ്രാർത്ഥനാലയമായിരിക്കണം വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ ഒരു നിസ്സഹായതയുണ്ടോ ദൈവത്തിലൊരു ആശ്രയമുണ്ടോ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം നമ്മൾ പത്താം ഏഴ് സുശേഷം ഇരുപത്തി ഒന്നാമധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മൂന്നാമത്തെ യഥാർത്ഥ ആലയത്തിൻ്റെ കാര്യം പറയുമ്പം അതെന്തായിരിക്കണം മൂന്നാമത് പറയുന്നു അതൊരു ശക്തിയുടെ ശക്തിയുടെ ആലയായിരിക്കണം നേരത്തെ ഞാൻ പറഞ്ഞു പ്രാർത്ഥനാലയമായിരിക്കണം എന്ന് പറഞ്ഞു നമ്മൾ വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം സഭയെന്നുള്ള നിലയിലും മറ്റെങ്ങും ആശ്രയമില്ലാതെ ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്നവരായിരിക്കണം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ പലപ്പോഴും ഞങ്ങൾ വെള്ളിയാഴ്ചയൊക്കെ കൂടുമ്പോൾ കുറച്ചുപേര് മാത്രമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ കൂടുമ്പോൾ പല സൗകര്യമാരും സൗകര്യമാരും പറയും പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് കർത്താവേ ഞങ്ങൾക്ക് വേ നോക്കാൻ വേറൊരിടമില്ല ഏഹ് ഞങ്ങൾക്ക് നോക്കാൻ വേറൊരിടമില്ല ആകെ പാടാൻ നിൻ്റെ മുഖത്തേക്കേ നോക്കാനുള്ളൂ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് ഞാൻ ചിലപ്പം ഈ പ്രാർത്ഥിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാറുണ്ടാ ശരിയാ അവർക്ക് നോക്കാൻ വേറൊരിടമില്ല നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമുക്കിവിടെ ഈ ലോകത്ത് വേറൊരാളില്ല ഒരു സംഘടനയില്ല വേറൊരു രാഷ്ട്രീയ പാർട്ടിയില്ല വേറെ ചില പിടിപാടുകൾ ഏഹ് ചിലർ പറയില്ല സർക്കാരിലൊക്കെ നോക്കിയ ചില പിടിപാടുകൾ ഒരു പിടിപാടും ഇല്ല ആരും ആശ്രയമില്ല ആകെപ്പാടെ ദൈവമേ ഞങ്ങൾക്ക് ഒരാളെ അറിയുള്ളൂ അത് നിന്നെയാണ് ആകെപ്പാടെ ഞങ്ങൾക്ക് ഒരിടത്തേക്കേ നോക്കാനുള്ളൂ അതെങ്ങോട്ടാണ് നിൻ്റെ മുഖത്തോട്ടാ പ്രിയപ്പെട്ടവരെ അങ്ങനെ നിസ്സഹായരായിട്ട് നമ്മളൊരു സഭയായിട്ടിരിക്കുന്നെങ്കിൽ നമ്മളെന്താ പ്രാർത്ഥനാലയമാണ് അത് അതൊരു ഒരു നമ്മുടെ ഒരു ദൗർബല്യമല്ല മറിച്ച് അതെന്താണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പോൾ വ്യക്തിപരമായിട്ട് നമ്മളങ്ങനെയായിരിക്കണം സഭയായിട്ടും നമ്മൾ അങ്ങനെ ആയിരിക്കണം മൂന്നാമത്തെ കാര്യം ഇവിടേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇരുപത്തി ഒന്നിൻ്റെ പതിനഞ്ച് അവിടെ ആ ദേവാലയം എന്തായി തീർന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന സ്ഥലമായിത്തീർന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക അത് പലർക്കും വളരെ താല്പര്യമുള്ള കാര്യമാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ എനിക്ക് പനിയായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടനെ പനി മാറി എനിക്ക് മുട്ടിനുവേദനയായിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യാതെ ആ ബ്രദറെ ഞാനിങ്ങോട്ട് വന്നത് ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം മുട്ടിനുവേദന എവിടെ പോയെന്ന് കണ്ടില്ല അതിൻ്റെ അകത്തൊന്നും ഒരു തെറ്റുമില്ല അതിൻ്റെ അകത്തൊന്നും ഒരു തെറ്റില്ല നമ്മുടെ മുട്ടുവേദനയുടെ കാര്യവും നമ്മുടെ പനിയുടെ കാര്യവും നമുക്കാരോടെ പറയാനുള്ളൂ ദൈവത്തോടെ പറയാനുള്ളൂ ദൈവം ഒന്നാം നൂറ്റാണ്ടിലെ പോലെ തന്നെയാണ് കർത്താവ് ഒന്നാം പോലെയാണ് ഇന്നും യേശു ക്രിസ്തു ഇന്നും എന്നേക്കും സെയിമാണ് യേശു ഇന്നും ഒരു സഹോദരി സഹോദരൻ തൻ്റെ ഒരു പ്രായോഗികമായ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അതിന് വിടുതൽ തീർച്ചയായിട്ടും നൽകും അതിൻ്റെ അകത്ത് തെറ്റില്ല പക്ഷേ കേവലം ഇങ്ങനെയുള്ള ഭൗതികമായ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനെ മാത്രമാണ് ശക്തി എന്ന് നമ്മൾ കരുതരുത് അങ്ങനെ കരുതുമ്പം നമ്മൾ പറയാം ഓ നമ്മുടെ നമ്മുടെ ഇടയിലൊക്കെ എന്തോ അത്ഭുതം നടക്കുന്നു ഇന്നടത്തൊക്കെ അല്ലയോ അത്ഭുതം നടക്കുന്നു ഏ അവിടെ ഒരാളെ വീൽ കൊണ്ടുവന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അയാൾ വീൽ ചേറി നി എണ്ണീട്ട് ഓടി പ്രിയപ്പെട്ടവർ അതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ ശരിയായിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിലുള്ള അത്ഭുതം എന്താ യഥാർത്ഥത്തിലുള്ള ശക്തി എന്താ യഥാർത്ഥത്തിലുള്ള ശക്തി പാപത്തിൻ്റെ മേലുള്ള ജയമാണ് ഒരു ഓവർ കമ്മിങ് ക്രിസ്ത്യൻ ലൈഫാണ് യഥാർത്ഥത്തിലുള്ള ഒരു ശക്തിയുടെ പ്രകടനം ഒരു ഹൗസ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് പാപത്തിൻ്റെ മേൽ ജയമുള്ള അങ്ങനെ ശക്തിയുള്ള ഒരു ജീവിതമുണ്ടായിരിക്കണം ഇവിടെ ഇതാ കർത്താവിലേക്ക് വന്നു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും ഇപ്പോഴും മുൻകോപക്കാരനും ഇപ്പോഴും കൊച്ചുകാര്യത്തിന് നീ രസപ്പെടുന്ന ആളും ചായ്ക്ക് ചൂടില്ലെങ്കിൽ ഭാര്യയെ വഴക്കിന് പോകുന്ന ആളും ഒക്കെ ആണോ നീ എന്താ ആഗ്രഹിക്കേണ്ടത് നീ ഇന്ന് പറയണം കർത്താവ് എനിക്കൊരു ഹൗസ് ഓഫ് പവർ ആയിരിക്കണം ഒരു ഹൗസ് ഓഫ് പവർ ആയിരിക്കണം ഒരു ശക്തി വേണം എന്തിനാ ശക്തി എൻ്റെ മുൻകോപത്തെ ജയിക്കാൻ എനിക്കൊരു ശക്തി വേണം എൻ്റെ പണസ്നേഹത്തെ ജയിക്കാൻ എനിക്കൊരു ശക്തി വേണം എനിക്കൊരു ശക്തി വേണം ഒരു പവർ വേണം പവർ എന്ന് പറയുമ്പോൾ എൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഇതിൻ്റെ മേലൊരു ഓവർ കമ്മിങ് ലൈഫിനുള്ള പവറാണ് ആ നിലയിൽ ഒരു ഹൗസ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമത് അതിനാണ് കൊതിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോഴേ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കൊക്കെയും ദൈവം അത്ഭുതമായ വിടുതലും ദൈവത്തിൻ്റെ ശക്തിയും നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ വ്യക്തിപരമായിട്ടും ഒരു കൂട്ടമെന്നുള്ള നിലയിലും നമ്മളങ്ങനെ ആയിരിക്കണം നമ്മളങ്ങനെ ആയിരിക്കണം നാലാമതായിട്ട് ഹൗസ് ഓഫ് പ്രേസ് എന്ന് പറയുന്ന കാര്യമാണ് യേശു അവരോട് നിങ്ങൾ ശിശുക്കളുടെയും വായിൽ നിന്ന് പുകഴ്ച്ചി ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു ഇത് എവിടെയാണ് വായിക്കേണ്ടത് എവിടെയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞപ്പം ഇത് പഴയ നിയമത്തിൽ നിന്നുള്ള ഏതോ ഒരു ഉദ്ധരണിയാണല്ലോ ഉവ സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് സങ്കീർത്തന എട്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് നീശി രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നീശിശുക്കളുടെയും ഉല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ിയമിച്ചിരിക്കുന്നു നമ്മൾ നിൽക്കണേ ശ്രദ്ധിക്കണേ എട്ടിൻ്റെ രണ്ടിൽ നമ്മളിപ്പോൾ എന്താ വായിച്ചത് നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു എന്നാണ് നമ്മളവിടെ വായിച്ചത് എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തൊന്നിൽ കർത്താവ് ആ ഭാഗം ഉദ്ധരിക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ശിശുക്കളുടെയും മുല വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു അപ്പോൾ എന്താ ഈ രണ്ട് വാക്യങ്ങളെ നമുക്ക് ചേർത്ത് ചിന്തിച്ചാൽ നമുക്കിങ്ങനെ പറയാം പുകഴ്ചയാണ് ബലം പുകഴ്ചയാണ് ബലം പുകഴ്ച എന്ന് പറയുമ്പോൾ എന്താ ദൈവത്തിനുള്ള പ്രൈസ് ദൈവത്തിനുള്ള നന്ദി ദൈവത്തിനെ മഹത്വപ്പെടുത്തുക ദൈവത്തിന് നന്ദിയുള്ള ഒരു ഹൃദയമുണ്ടായിരിക്കുക ശിശുക്കളും കുഞ്ഞുങ്ങളും അവരെ അങ്ങനെ ഒരു ശിശുവിൻ്റെ നിർമ്മലതയോടെ ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ആ സ്തുതിയിലും പുകഴ്ചയിലും എന്തുണ്ട് ബലമുണ്ട് ബലമുണ്ട് അവിടെ ഒരു ശക്തിയുണ്ട് എന്നാണ് നമ്മളിപ്പോൾ കണ്ടത് എട്ടിൻ്റെ രണ്ടാമത്തെ വാക്യം ശിശുക്കളുടെയും മുല വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു ശിശുക്കളുടെയും മുല വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു അപ്പോൾ പ്രൈസാണ് സ്ട്രെങ്ത് എന്ന് നമുക്ക് പറയാം നമ്മൾ ഈ ഈ സാഹചര്യത്തിൽ നമുക്ക് അൻപതാമത്തെ സങ്കീർത്തനത്തിൽ നിന്നുകൂടെ ഒരു വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അമ്പതാമത്തെ സങ്കീർത്തനം അമ്പതാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ ഒടുവിലത്തെ വാക്യം ഇരുപത്തിമൂന്നാമത്തെ വാക്യം സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ഇവിടെ സ്തോത്രമെന്ന യാഗം ദൈവത്തിന് നന്ദി പറയുക അതുപോലെ തന്നെ യാഗമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് യാഗമെന്ന് പറയുമ്പം അവിടെ എന്തുണ്ട് അവിടെ ഒരു വേദനയുണ്ട് ചിലപ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കാം സ്തോത്രമെന്ന യാഗം അർപ്പിക്കേണ്ട സമയം അതേസമയം സ്തോത്രം മാത്രം താങ്ക്സ് മാത്രം പറയുമ്പോൾ അവിടെ എന്തില്ല അവിടെ ഒരു യാഗമല്ല അതൊരു നന്ദി പറച്ചിൽ മാത്രമാണ് ഇവിടെ പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നത് കണ്ടോ സ്തോത്രമെന്ന യാഗം അതൊരു സാക്രിഫൈസാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അതിന് മറുപടി തരുന്നു നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു എന്നാൽ ചിലതിന് മറുപടി കിട്ടിയില്ല എന്ന് വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തെ പുകഴ്ത്തുകയാണ് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ സ്തോത്രം ചെയ്യുമ്പോൾ അത് സ്തോത്രമെന്ന യാഗമാണ് യാഗമാണ് അവിടെ ഒരു വേദന നമ്മൾ അറിയുന്നുണ്ട് ദൈവം എനിക്ക് മറുപടി കിട്ടിയില്ല എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ അപ്പോഴും നിന്നെ നിന്നെ പുകഴ്ത്തും നിനക്കായിട്ട് കാത്തിരിക്കും യോബ പറയുന്നുണ്ടല്ലോ യോബിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസവും ആ ഒരു വാക്യം വായിപ്പാനായിട്ടിടയായി നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും സ്തോത്രമെന്ന യാഗമാണത് മറുപടി കിട്ടിയിട്ടില്ല പക്ഷെ സ്തോത്രമെന്ന യാഗം അവിടെ അർപ്പിക്കുക അർപ്പിക്കുമ്പം എന്താ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ഇത് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വേണ്ടതുപോലെ അങ്ങോട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകുകയില്ല ഇംഗ്ലീഷിൽ ഒരു ഒരു വേർഷനിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഞാൻ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുമ്പോൾ ദൈവം എനിക്ക് രക്ഷയുടെ വഴിയേ ഒരുക്കുകയാണ് ചെയ്യുന്നത് ആൻഡ് ഹീ പ്രിപ്പേഴ്സ് ദ വേ സോ ദാറ്റ് ഐ മേ ഷോ ഹിം ദ സാൽവേഷൻ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു വഴിയെയാണ് ഞാൻ സ്തോത്രമർപ്പിക്കുമ്പോൾ ഞാൻ ഒരുക്കുന്നത് എന്നാണ് ആ വാക്യത്തിൽ ആ ട്രാൻസ്ലേഷനിൽ പറയുന്നത് പറഞ്ഞത് മനസ്സിലായോ സഹോദര സഹോരി ഒരു പക്ഷേ നിനക്ക് മറുപടി കിട്ടിയില്ല മറുപടി കിട്ടാതെ ഞാൻ എങ്ങനെ ദൈവത്തിന് പൂഴ്ച നൽകും ദൈവത്തിനെങ്ങനെ പുകഴ്ച നൽകും ദൈവത്തെ എങ്ങനെ സ്തുതിക്കും നിനക്കൊരു സ്തോത്രയാകുമെന്നുള്ള നിലയിൽ ദൈവത്തെ സ്തുതിക്കാമല്ലോ അങ്ങനെ സ്തോത്രയാകുമെന്നുള്ള നിലയിൽ നീ സ്തുതിക്കുമ്പം വിടുതലിന് ഒരു വഴി ദൈവത്തിൻ്റെ വിടുതലിന് വേണ്ടി ഒരു വഴി നീ പ്രിപ്പയർ ചെയ്യുകയാണെന്നാണ് ഇംഗ്ലീഷിലെ ഈ വെർഷനിൽ നമ്മൾ വായിച്ചത് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ദൈവത്തെ ഏത് സാഹചര്യത്തിലും കർത്താവേ നീ നീ ആ കാര്യം നിന്നോട് ഞാൻ അപേക്ഷിച്ചു നീ തന്നതിനായിട്ട് നന്ദി നന്ദി പുകഴ്ച്ച ഞാൻ വിചാരിച്ചതുപോലല്ല അതിന് ലഭിച്ചത് പക്ഷെ അപ്പോഴും നിനക്ക് പുകഴ്ച്ച അതൊരു ശക്തിയാണ് അതൊരു ബലമാണ് അതുപോലെ തന്നെ അത് ഭാവിയിൽ ദൈവത്തിൻ്റെ രക്ഷയുടെ വഴിക്കായിട്ട് രക്ഷ എന്നെ കാണിക്കാനായിട്ട് ആ രക്ഷ വരാനുള്ള ഒരു പാത ഞാൻ ആ സ്ത്രോത്രയാഗത്തിലൂടെ പ്രിപ്പെയർ ചെയ്യുകയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവര് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ഹൗസ് ഓഫ് പ്രൈസായി നിൽക്കാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് ഏത് കാര്യം വന്നാലും ദൈവത്തിന് പുകഴ്ച സഭയെന്നുള്ള നിലയിലും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം ഏത് കാര്യം വന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ ഒരു മറുപടി വന്നില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച കൂടിയപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നു വെച്ചാൽ ദൈവമേ ഇപ്പോൾ വി ഞങ്ങൾ പോവുക വി പോവുക വി ഈ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എന്തോ വേണം ഞങ്ങൾ ഞങ്ങൾ പോയി പിള്ളേരെ വിളിക്കണം വീടുകളിൽ ചെല്ലണം പത്ത് മണി മുതൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയോ നാല് മണിവരെയോ വെയിലത്തിറങ്ങരുതെന്നാണ് പറഞ്ഞേക്കുന്നത് സർക്കാർ പറഞ്ഞേക്കുന്നത് ഇന്ന് തന്നെയല്ല വെക്കേഷൻ ക്ലാസ്സുകളെല്ലാം സർക്കാർ നിരോധിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബി ബി എസ് എങ്ങനെ നടത്തും ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിളിക്കാൻ എങ്ങനെ പോകും അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുണ്ട് സൗരന്മാരും സൗകര്യമാരും എല്ലാവരും കൂടെ ഒടുവിലൊരു ഒരു വിദ്യ കണ്ടുപിടിച്ചു ആ ദൈവത്തെ കൊണ്ട് കഴിയാത്ത വലിയ കാര്യമുണ്ടോ നമുക്ക് മഴയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം ഓക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥനയെ ഏഹ് വെള്ളിയാഴ്ച കഴിഞ്ഞു ശനിയാഴ്ച കഴിഞ്ഞു ഇന്ന് ഞായറാഴ്ച രാവിലെയും രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സഹോദരി പുറത്തോട്ടെങ്ങാണ്ട് പോയിട്ട് വന്നിട്ട് പറഞ്ഞു മഴ കുടിക്കുന്നുണ്ട് പ്രീസലോ പ്രീസലോ മഴയുടെ വലിയൊരു മുഴക്കം ഉണ്ട് എന്നിട്ട് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ മഴയില്ല നമ്മളെന്തോ ചെയ്യേണ്ടത് പ്രൈസലോ കർത്താവെ നിനക്കിങ്ങനെയല്ലോ ഹിതമായത് ഹിതമായത് നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ പക്ഷേ നമുക്ക് ഒരാളെ അറിയാം ആരെയറിയാം ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അറിയാം കർത്താവിനെ അറിയാം ആ ഒരു ധൈര്യത്തിൽ നമുക്ക് മഴ കിട്ടിയാലും പ്രൈസലോട്ട് മഴ കിട്ടിയില്ലെങ്കിലും പ്രൈസലോട്ട് അങ്ങനെ നമ്മൾ ദൈവത്തിനൊരു സ്തോത്രയാകം അർപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നതിനോട് ചേർത്ത് ഇങ്ങനെ പറയാം നമ്മൾ മഴയ്ക്കായിട്ടൊരു പാത ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം നമുക്ക് നമ്മളെ ഒരു കൂട്ടമായിട്ട് ഈ കാലഘട്ടത്തിൽ വിളിച്ചിരിക്കുന്നു നമ്മളെന്തായിരിക്കണം നമ്മളൊരു വിശുദ്ധിയുടെ ഒരു ആലയമായിരിക്കണം വ്യക്തിപരമായിട്ട് സഭയായിട്ട് വിശുദ്ധിയുടെ ഒരു ആലയമായിരിക്കണം രണ്ടെന്ന് പറഞ്ഞത് നമ്മൾ വ്യക്തിപരമായിട്ട് സഭയായിട്ട് പ്രാർത്ഥനയുടെ ഒരു ആലയമായിരിക്കണം പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നീണ്ട വലിയ ഭംഗിയേറിയ വാക്കുകൾ കൊണ്ടുള്ള ഇരുപത്തൊന്ന് ദിവസത്തെ പ്രാർത്ഥന ഇങ്ങനെയൊക്കെയുള്ള ചില ചടങ്ങുകളല്ല ഉദ്ദേശിക്കുന്നു നമുക്ക് മറ്റെങ്ങും ഒരു ആശ്രയമില്ലാതെ പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥനയുടെ ഒരു നിസ്സഹായതയോടെ ജീവിതത്തിലും സഭയായിട്ടും നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ മൂന്നാമത് നമ്മൾ പറഞ്ഞു നമ്മളെന്തായിരിക്കണം ഒരു ഒരു ഹൗസ് ഓഫ് പവറായിരിക്കണം ശക്തി എന്ന് പറയുമ്പോഴും ഇപ്പോഴും മറ്റ് പല ഭൗതികമായ കാര്യങ്ങൾക്കുള്ള വിടുതലൊക്കെയാണ് പലരും ചിന്തിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിലുള്ളതെന്താ ഒരു ഓവർ കമ്മിങ് ലൈഫാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു പവറുള്ള ഒരു ശക്തിയുള്ള ഒരു ജീവിതം നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടോ സഭയായിട്ട് നമ്മൾ അതിനെ എംബസിസ് ചെയ്യുന്നുണ്ടോ നാല് ഹാലലുയ്യ നമുക്കൊരു പുകഴ്ചയുണ്ടോ നമുക്കൊരു നന്ദിയുണ്ടോ നന്ദിയുണ്ടോ സഭയായിട്ട് വ്യക്തിപരമായിട്ട് നമുക്കങ്ങനെ ഒരു നന്ദിയുണ്ടോ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും കേട്ട വചനങ്ങളോട് നമുക്ക് പ്രതികരിക്കുകയും ചെയ്യാം